വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത തൻറെ ദാസന്മാർക്ക് അള്ളാഹുസുബഹാനുഹൂവറ്റായ നൽകുന്ന സന്തോഷവാർത്തയാണിത് നബിയെ പറയുക ഇതിനു പ്രതിഫലമായി കുടുംബബന്ധത്തിലുള്ള സ്നേഹമൊഴികെ മറ്റൊന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല ആരെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്താൽ അതിൽ നാം അവന് കൂടുതൽ നന്മ നൽകും തീർച്ചയായും അല്ലാഹുസുബഹാനുഹൂവറ്റായാല ഏറെ പൊറുക്കുന്നവനും നന്ദിയുള്ളവനുമാകുന്നു